ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹുസുബാനഹൂവ ചാലയ്ക്കുള്ളതാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും മറച്ചുവെച്ചാലും അല്ലാഹുസുബാനഹൂവ ചാല അതിന് നിങ്ങളെ വിചാരണ ചെയ്യും അവൻ പുറത്തു കൊടുക്കുകയും അവനുദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും അല്ലാഹുസുബഹാനഹുവ ചായ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു